ൂന്ന് അധികം നാല് സൂത്രം പതിനാല് പ്രതിപത്തി അഭിസന്ധി ബാഹ്യഭ്യന്തരോഹ്യതോരപ്പം ആത്മാ അജരോ അമരോ അമൃതോ അഭയോ ബ്രഹ്മ സ എത്തി നീതി ആത്മാ ഇത്യാദിശ്രസ്മൃതിന്യഭ്യോദേശാദിവിശേഷയോഗ്യത നാലാം അധ്യായം നാലില് നാല് നാലില് നാലെന്ന് പറയുമ്പോ എന്താണ് സന്ദർഭം അതന്നെ ആജ്ഞവൽക്ക ജനകസമ അതിനോട് ചേർത്ത് പറയുന്നത് മൂന്നൊമ്പത് എന്ന് പറയുമ്പോ ജനകസദസ്സിലെ സംവാദം അവിടെയാണ് അപ്പൊ ഇത് രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ഭാഷകാരൻ കൂടെ പറയുന്നത് ഇതിവിടെ മാത്രമല്ല ചേർത്തിരിക്കുന്നത് ഉപനിഷത്തിന്റെ ഭാഷത്തിലും ഭാഷ്യകാര മേക്കാനിക്കല് രണ്ടും കൂടെ ചേർത്ത മേഖാനിക്കലി പക്ഷെ ഇവിടെ ഇത് മറ്റൊരു സന്ദർഭത്തിൽ ഉപയോഗിച്ചു ഉപനിഷത്തിൽ വേറെ സന്ദർഭത്തിൽ ഉപയോഗിച്ചു ഇവിടെ പറയുന്നത് മഹാജന ആത്മാഅജരോ അമരോ അമൃതോ അഭയോ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിൽ മറ്റ് ധർമ്മങ്ങളൊന്നുമില്ല നേരെ പൂർവക്ഷി പറഞ്ഞു പരമാത്മാവിൽ അനേക ശക്തികളുണ്ട് അതുകൊണ്ട് പരമാത്മാവിനും സർവശക്തി ഉപേതത്വം ബന്ധ ഗാന്ധവ്യം പോകുന്നവൻ എത്തുന്ന സ്ഥാനം ഇങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം പരമാത്മാവിനും വരാവുന്നതാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഈ ഒരു കാര്യത്തിലും ഭക്ഷ്യത്തിലും ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസം അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അഭയം ബ്രഹ്മ എന്നുള്ള കാര്യത്തിനാണ് ബ്രഹ്മം അഭയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഭയം എന്ന് പറയുന്ന അവിദ്യാകാര്യമാണ് ഇവിടെ ബ്രഹ്മത്തിൽ അവിദ്യാകാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു ഫലത്തിലെ അവിദ്യയും നിഷേധിക്കുന്നു അങ്ങനെയാണ് അവിടെ പറയുന്നത് ഇത് ആത്മാ അജരോ അമരോ അമൃതോ ജരയില്ലാത്തതാണ് മരണമില്ലാത്തവനാണ് ആ ജര അമരനാണ് അമൃതനാണെന്ന് പറയുന്നതിലൂടെ എല്ലാ വികാരങ്ങളെയും അവിടെ നിഷേധിക്കണം എല്ലാ വികാരങ്ങളെയും നിഷേധിക്കുമ്പോൾ ആന്തരികമായ വികാരങ്ങളെയും നിഷേധിക്കുന്നു അന്ധക്കർണ വികാരങ്ങൾ അന്ധകർണ ധർമ്മം അതിനെയും നിഷേധിക്കുന്നു അതിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മം നിർധർമ്മകമായി അങ്ങനെയുള്ള ബ്രഹ്മത്തെ അറിയുന്നവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു അവിടെ തന്നെ മുമ്പ് പറഞ്ഞു അഭയം വൈ ജനകപ്രാപ്തോസ് ഇത് ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ആ ഉപദേശത്തിൻ്റെ അവസാനത്തെ മന്ത്രമാണ് ഇതേ കാര്യം തന്നെയാണ് തൊട്ടു മുമ്പും പറയുന്നത് അപ്പോ അത് പലതരത്തിൽ വിശദീകരിച്ച മുമ്പല്ല അഭയത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ അതിൻ്റെ അർത്ഥം ഭയമില്ലാത്തവനെന്ന് പറഞ്ഞാൽ ഭയം ഭയമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഭയമില്ല എന്നാണ് അതിനർത്ഥം പറയുന്നത് തൻ്റെ സ്വരൂപത്തിൽ ഭയമില്ല ഭയമല്ല എന്തൊക്കെ ധർമ്മമാണ് എന്തൊക്കെ വികാരങ്ങളാണ് അതിനെ ആത്മാവിൽ നിഷേധിക്കും അന്നു ആത്മാവിൻ്റേതല്ല അപ്പോൾ അതിനെ അറിയുന്നു താൻ ഭയമില്ലാത്തവനാണ് നിർഭയനാണ് നിർഭയം എന്ന് പറഞ്ഞാൽ ഭയരഹിതമായ ആത്മസ്വരൂപമാണ് എന്നറിയുന്നു അറിവിനെയാണ് ഭാഷകാലം പറയുന്നത് സമ്യജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ സമ്യജ്ഞാനം കൊണ്ട് ഭയത്തെ നിഷേധിക്കുമ്പോൾ ഭയംന്ന് പറയുന്ന ഒരു കാര്യമാണ് ഭയത്തിൻ്റെ കാരണമെന്ന് പറയുന്ന അവിദ്യയാണ് അവിദ്യയും വിഷേദിക്കുന്നു ഇവിടെ നിർഭയൻ എന്ന് പറയുന്നത് അർത്ഥം അവിദ്യ ഇല്ലാത്തവനാണ് അവിദ്യയില്ലാത്തവനൊന്നും അജ്ഞാനമില്ലാത്തവനെന്നും ഒക്കെയാണ് അത് പറയാനാണ് പറയുന്നത് തിന്റെ സന്ദർഭത്തിൽ ഭയം ഇല്ലാത്തവനാകുന്നു എന്നതുകൊണ്ട് പലതരത്തിലും വ്യഖ്യാനിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് യേശ നെയ്ത്തി നേത്തി ആത്മാ എന്ന് പറയുന്നത് ഇതിനെ ഇവിടെ ഇതിനോട് ചേർക്കുന്നതിന് വേണ്ടി അതിന് മുമ്പും വിശദീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നു എല്ലാത്തിനെയും നിഷേധിക്കുന്നു നിഷേധിച്ചിട്ട് സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് ഭാഷക്കാരൻ ഈ പ്രകടനത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അത് സന്യാസത്തെ ബോധിപ്പിക്കാനും അതിനാണ് എല്ലാത്തിനെയും നിഷേധിക്കുന്നത് അതിലൂടെ എങ്ങനെ സന്യാസത്തെ ബോധിപ്പിക്കാൻ പറ്റും വിടെ പറയുന്നത് ഒന്ന് ഇവിടെ ഭയത്ത് നിഷേധിച്ചല്ലോ പാന്തരികമായ എല്ലാത്തിനെയും നിഷേധിച്ചു അതിലേറ്റും പ്രധാനമായി വരുന്ന നിഷേധമെന്ന് പറയുന്നത് തൃഷ്ണാത്യാഗം അനിയേഷണ എന്ന് പറയുന്നു യേശനാത്യാഗമാണത് പുത്രേഷന വിത്തേഷന ലോകേഷണം ഈ മൂന്ന് ഏഷണകളും ഏഷണം എന്നിട്ട് ഇച്ഛ എന്നാണ് ഈ മൂന്ന് ഏഷണകളെയും ത്യജിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ആ ഈ മൂന്നും ആണ് ഈ മൂന്നാഗ്രഹങ്ങളിലാണെന്ന് മനുഷ്യൻ മനുഷ്യനെന്ന് പറഞ്ഞാൽ വൈദികന്മാർ ജീവിച്ചിരുന്നതിന് ലോകേഷണ കർമ്മം ചെയ്തിട്ട് ലോകത്തെ നേടണ ഉപാസനങ്ങളിലൂടെ വിത്തേഷണ അതിനുവേണ്ടി ധനം സമ്പാദിക്കണം അല്ലെങ്കിൽ പൗരോഹിത്യത്തിലൂടെ ധനം സമ്പാദിക്കണം പിന്നെ പുത്രൻ വേണം പുത്രൻ ഉണ്ടായാൽ പിന്നീട് തനിക്ക് നരകത്തിൽ നിന്നുള്ള മുക്തിയുള്ളൂ അപ്പം ഈ മൂന്ന് ചിന്തകളെ ആശ്രയിച്ചിട്ടാണ് അന്ന് വൈദിക വൈദികന്മാരെല്ലാം ജീവിച്ചിരുന്നതന്നെ ഈ മൂന്ന് മനസ്സി വച്ചുകൊണ്ടാണ് ഇതിനനുസരിച്ചാണ് അവരുടെ ജീവിതം അവരുടെ പ്രവൃത്തി അപ്പം ഈ മൂന്നെണ്ണത്തിനേയും ചേർത്തിട്ടാണ് ഭാഷ്യാരൻ ഏഷണന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഏഷണങ്ങളെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് പറഞ്ഞത് അപ്പോൾ ആന്തരികമായി ഏഷണങ്ങളെ ത്യജിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബാഹ്യമായി ഈ ഏഷണകൾ കൊണ്ട് സംഭവിക്കുന്ന കർമ്മങ്ങളും ത്യജിക്കും അതിനാണ് നേതി നേത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏഷണകളെ ത്യജിക്കുക എന്ന് പറയുന്നത് മുഖ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഏഷണകൾ കൊണ്ട് സംഭവിക്കുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പുത്രൻ പിത്തം ലോകം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഉപേക്ഷിക്കേണ്ടി വരും പങ്കാർഹത്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും ആ രീതിയിലാണ് ഭക്ഷ്യകാരൻ ഈ പ്രകടനത്തിൽ സന്യാസത്തെ വിശദീകരിക്കുന്നത് അപ്പോ അത് അവിടെ പറയുന്നു അങ്ങനെ സമ്യജ്ഞാനം കൊണ്ട് യേശുനെയും ബാഹ്യമായ കർമ്മങ്ങളെയും ഒന്നെടുത്ത് പറയുന്നുണ്ട് അല്ല ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് പുറമേ പ്രവർത്തിക്കുക എന്നുള്ളതല്ല അതിനും ഭാഷകാരൻ ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല അതൊക്കെ പിൽക്കാലത്ത് വന്ന വ്യാഖ്യാനങ്ങളാണ് അത് അങ്ങനെയും വ്യാഖ്യാനിക്കാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഏതും എങ്ങനെയും വ്യാഖ്യാനിക്കാം ഭാഷകാരൻ അതൊന്നും പറയുന്നില്ല ഈ വ്യാഖ്യാനങ്ങളെന്നൊക്കെ പറയുന്നതെല്ലാം അവരവരുടെ സൗകര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് നമുക്ക് ഏതാ വേണ്ട അതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കും ഭാഷകാരൻ ഭാഷകാരന്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ഏതാ വേണ്ടിയിരുന്ന അത് വ്യാഖ്യാനിച്ചു അപ്പം ആവശ്യം തുടങ്ങി കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആൾക്കാരെ കൊണ്ട് അത് ഉപേക്ഷിപ്പിക്കുക അതായിരുന്നു ഭാഷകാരൻ്റെ ഒരു ലക്ഷ്യം പ്രധാനമായ ലക്ഷ്യം അതിനും ഒരു കാരണമുണ്ട് നമ്മൾ കുറച്ച് ചരിത്രപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കെല്ലാം ഉള്ളതാണ് അനുകരണ സ്വഭാവം ലോകത്തെന്തിനെങ്കിലും പ്രചുരപ്രചാരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്ക് വരും സന്യാസത്തിന് വലിയ പ്രാധാന്യം അതിന് മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു അപ്പോ അതിന് ജനങ്ങളുടെ മനസ്സിൽ സന്യാസത്തിന് വേണ്ടിയൊരു സ്ഥാനമാണ് അതിന് കാരണക്കാരൻ ആരാ ഏ ആ ബുദ്ധനാണ് അതിന് കാരണക്കാരൻ സന്യാസത്തിന് വലിയ പ്രചാരം കൊടുത്തു വാസ്തവത്തിൽ അതിൻ്റെ തന്നെ ഒരു അനുകരണമാണ് ഭാഷ്യകാരനെ ചെയ്തത് കാരണം അത് എന്തുകൊണ്ട് അതിനെ എന്ന് ഞാൻ സമൂഹത്തിൽ അത്രമാത്രം സ്വാധീനം ബുദ്ധനും പറയുന്നത് എന്താണോ ഇവിടെ ഭാഷ്യകാരൻ ഏഷണാത്യാഗമെന്ന് പറഞ്ഞു ബുദ്ധൻ പറഞ്ഞു തൃഷ്ണാത്യാഗം ഇത്രയുള്ള വ്യത്യാസം അർത്ഥത്തിൽ വ്യത്യാസവും ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം അതിനെ ഉപേക്ഷിക്കുക ഇതാണ് ബുദ്ധൻ്റെ പ്രധാനമായ ഉദ്ദേശം അതിന് ഭാഷകാരൻ ഇവിടെ പറഞ്ഞ എന്താണ് സമ്യക് ജ്ഞാനം ബുദ്ധൻ എന്താ പറഞ്ഞത് സമ്യക് ജ്ഞാനം തന്നെ അഷ്ടാംഗമാർഗത്തിലെല്ലാത്തിനോടും സമീക് ചേർത്താൻ ഉപയോഗിക്കുന്നു എല്ലാം ബുദ്ധൻ്റെ അനുകരണമാണ് കാതലായ വ്യത്യാസമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിലെല്ലാം അതിനെ അലങ്കൃത്യ ശിരച്ഛേദമെന്ന് പറയും അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഈ സമ്യക് കർമ്മം സമ്യക്യു കർമ്മത്തെ കർമ്മയോഗമാക്കി സമ്യക്വിടെ ജീവാത്മപരമാത്മേകത്വജ്ഞാനമാക്കി കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് എല്ല ബുദ്ധിന്റെ സന്യാസമെന്ന് പറയുന്നത് എന്തായിരുന്നു ബുദ്ധന്റെ സന്യാസം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു ഭാഷകൾ അനുസ്വീകരിച്ചു അഹിംസ അഹിംസ പരമോധർമ്മം എന്ന് തന്നെ പറഞ്ഞു എല്ലാം ഒരു ഭാഗത്ത് ബുദ്ധനെ അനുകരിച്ച് തന്നെ പറഞ്ഞു പിന്നെ ബുദ്ധന്റെ സന്യാസം എന്ന് പറയുന്നത് പൌരോഹിത്യത്തിന് എന്ത് ചെയ്തത് ഉപേക്ഷിച്ചത് ശിഖയും സന്യാസത്തിന് ശിഖയും യജ്ഞോപീതവും ഉപേക്ഷിക്കണമെന്ന് ഭാഷകാരൻ ഭാഷത്തിലെഴുതിയിരിക്കുന്നു അതാണ് മുഖ്യമായ സന്യാസം ശിഖയും യജ്ഞോപീതവും ഉപേക്ഷിക്കുക വിവർണവാസ ആകർഷകമല്ലാത്ത മനുഷ്യനെ ആകർഷിക്കാത്ത വസ്ത്രം ധരിക്കുക ഇതാണ് ഭാഷകാരൻ പറയുന്നത് ബുദ്ധൻ വിധി തന്നെ അപ്പോൾ ഇത് രണ്ട് പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ് ഇത് തോളിലും തലയിൽ ഇരുന്നു കഴിഞ്ഞാൽ അറിയാതെ ചെയ്തു പോവും കർമ്മങ്ങൾ അതൊരു ഉൾപ്രേരണയാണ് വീണ്ടും കർമ്മത്തിലേക്ക് പോവും ഇത് കർമാധികാര ചിഹ്നങ്ങളാണ് ഇതങ്ങ് വേഴിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ശൂദ്രസമ്മാനായി അവന് കർമ്മത്തിന് അധികാരമില്ല അപ്പോൾ ബലമായിട്ട് അവൻ്റെ കർമ്മത്തിൻ്റെ അധികാരത്തെ കളയാൻ വേണ്ടിയിട്ടാണ് ബുദ്ധനും ചരിത്രമനുസരിച്ച് ബുദ്ധൻ ചരിത്ര പുരുഷനാണ് ശിഹയ്ക്കും ഏറ്റവും വേദന അധികാരമുള്ള ആളായിരുന്നു ക്ഷത്രീയനാണ് വേദാധ്യനത്തിന് അധികാരമുള്ള ആളായിരുന്നു എന്നാലുപേക്ഷിച്ചു അപ്പോൾ അത് ഉപേക്ഷിക്കുന്നതിന് പ്രധാന കാര്യം പൗരോഹിത്യം എന്തിനു കാരണമാകുന്നു ഹിംസയ്ക്ക് അന്നത്തെ രീതി അനുസരിച്ച് ഹിംസയ്ക്ക് കാരണമാകുന്നു ഹിംസ ഒഴിവാക്കണമെങ്കിൽ പൗരോഹിത്യം ഒഴിവാക്കിയതേ പറ്റൂ പൗരോഹിത്യം ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ അധികാരം എടുത്ത് കളയണം അധികാരം എടുത്ത് കളയണമെങ്കിൽ അധികാര ചിഹ്നങ്ങളെല്ലാം കളയണം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതേ വഴി തന്നെയാണ് ഭാഷകാരൻ സ്വീകരിച്ചത് സന്യാസത്തിൽ അത് തന്നെ ഭാഷകാരനും പറയുന്നു ഇതെല്ലാം കളയുക ഇതെല്ലാം കളഞ്ഞിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക ഏഷണാത്യാഗവും ബുദ്ധൻ പറഞ്ഞത് എന്തായാലും പൗരോഹിത്വത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർമ്മം അപ്പൊ സ്വാഭാവികമായിട്ടും കർമ്മം പോയി കർമ്മം ചെയ്യിക്കാനാണെങ്കിൽ പിന്നെ ആര് കർമ്മം ചെയ്യും പൗരോഹിതൻ എന്ന് പറയുന്നത് കർമ്മം ചെയ്യിക്കുന്ന ആളാണ് അപ്പൊ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ് കാശ് മുടക്കാൻ യാഗം ചെയ്യാൻ പക്ഷേ ഇത് ചെയ്യിക്കാനാണ് വേണം അപ്പൊ ചെയ്യുന്നവനെ അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചെയ്യിക്കുന്നവനെ പിടിച്ചകത്തടുക അതാണ് ഹിംസ ചെയ്യിക്കുന്നവനെ അതാണ് ബുദ്ധൻ ചെയ്ത് അത് തന്നെയാണ് ഭാഷ്യകാരനും ചെയ്ത് അടിസ്ഥാനപരമായിട്ട് സന്യാസം എന്ന് പറയുമ്പോൾ അത് പൗരോഹിത്യത്തിനെതിരാണ് അതിൻ്റെ തത്വത്തെ പരിശോധിച്ചാലും അതിൻ്റെ ചരിത്രത്തെ പരിശോധിച്ചാലും അങ്ങനെ മനസ്സിലാക്കും അതാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാന തത്വം അത് ബുദ്ധന് അതുപോലെ അനുകരിച്ച ആളാണ് ഭാഷ്യക്കാരൻ എന്നാൽ ബുദ്ധൻ്റെ ഏറ്റവും വലിയ ബൗദ്ധന്മാരെ അങ്ങേറ്റം നിഷേധിക്കുകയും ചെയ്തു അത് എന്താണ് അതിന് പ്രധാനമായൊരു കാരണം കാലം തന്നെയാണ് ആയിരത്തിലധികം വർഷം കടന്നുപോയി ഭക്ഷ്യക്കാരൻ തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു അപ്പോൾ അത് ആ കാലം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി അതിൻ്റെ ഫലമായിട്ടാണ് ബുദ്ധവിരോധിയായി മാറിയത് ബുദ്ധന് ഹിംസ ഒഴിവാക്കണമെങ്കിൽ ഹിംസ മാത്രമല്ല പൗരോഹിത്യം സൃഷ്ടിച്ച സാമൂഹ്യ അനീതി പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടിയാണ് അതിനെ ബുദ്ധനെതിർപ്പ് എല്ലാ തരത്തിലുള്ള അനീതികളെയും എതിർക്കും വിവേചനങ്ങളെ എതിർക്കും എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ബുദ്ധൻ എന്താണ് സന്യാസത്തിന് അധികാരി നിർണയിച്ചപ്പോ അവിടെ വേദത്തെ പ്രമാണമാക്കിയില്ല സ്മൃതികളെ പ്രമാണമാക്കിയില്ല അതുകൊണ്ട് തന്നെ അധികാരി നിർണയത്തിൽ ജാതി വന്നില്ല സ്ത്രീ പുരുഷ വിവേചനവും വന്നില്ല അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ന്യാസമാകാം അതിനനുവാദം കൊടുത്തത് ബുദ്ധനാണ് അപ്പോൾ ബുദ്ധൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ കാലത്ത് പോലും ബുദ്ധന് സാമൂഹ്യനീതിയെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഈ അനീതിക്ക് കാരണമായത് പൗരോഹിത്യ കുതന്ത്രങ്ങളാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് അതിനെ പാടെ നിഷേധിച്ചത് അപ്പോ പൗരോഹിത്യത്തെ നിലനിർത്തുന്ന പ്രമാണങ്ങളെ നിഷേധിച്ചേ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇത് ഒന്നും സാധ്യമാകുന്ന കാര്യമില്ല ബുദ്ധനെന്ത് ചെയ്തു വേദത്തെയും നിഷേധിച്ചു വേദത്തെ നിലനിർത്തിക്കൊണ്ട് പൗരോഹിത്യത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന അവിടെയാണ് അബദ്ധം പറ്റിയത് പക്ഷിക്കാരൻ എന്ത് ചെയ്തു വേദത്തെ നിലനിർത്തിക്കൊണ്ട് പൗരോഹിത്യത്തിന് ചോദ്യം ചെയ്തു അത് അസാധ്യമായ കാര്യമാണ് കാരണം ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് വേദത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ വേദവ്യാഖ്യാനങ്ങളുടെ സൃഷ്ടിയാണ് അപ്പൊ അവിടെ കൂടുതൽ പ്രായോഗികമായി ചിന്തിച്ചതും പ്രവർത്തിച്ചതും ബുദ്ധനാണ് വേദത്തിന് അധികാരിയായിരുന്നിട്ടും തനിക്ക് വേദ അധികാരം ഉണ്ടായിരുന്നു എന്നിട്ട് തന്നെ നിഷേധിച്ചു അവിടെയാണ് ബുദ്ധൻ്റെ മഹത്വം ആയിരം വർഷങ്ങൾക്കൊന്നുമ്പ് തന്നെ ആയിരത്തിലധികം വർഷത്തിന് മുമ്പ് തന്നെ ബുദ്ധൻ എന്ത് വളരെ ദീർഘദർശിയായ ഇത്തരം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്ല ഇത്തരം കാര്യങ്ങളല്ല സാമൂഹ്യനീതിയെ സംബന്ധിച്ച് ദീർഘദർശിത്വം ഉണ്ടായിരുന്നു ബുദ്ധന് ദീർഘദർശിയായൊരു ആചാര്യനായിരുന്നു അത് പിൽക്കാലത്തേക്ക് വന്നപ്പോ പക്ഷുകാരൻ്റെ കാലത്ത് വന്നപ്പോൾ പക്ഷുകാരൻ്റെ അങ്ങനെയായിരുന്നു അവിടെ ഒരു ഡബിൾ ഗെയിമാണ് കളിച്ചത് ഒരു ഭാഗത്ത് ബുദ്ധൻ്റെ ഈ കാര്യങ്ങളെല്ലാം അതുപോലെ സ്വീകരിച്ചു അത് സ്വീകരിച്ചതെന്ന് പറയുന്നത് കൊണ്ടാണ് ഭക്ഷ്യ കാരണം പ്രച്ഛന്ന ബൗദ്ധൻ എന്നൊരു പേര് തന്നെ വരാൻ കാരണം ബുദ്ധൻ തന്നെ വേഷം മാറി വന്നതെന്ന് പറയുന്ന ഇതുകൊണ്ടാണ് ഈ തല മുട്ടയിടിക്കലും പൂണുന്ന പോലെ മുറിച്ച് കളയലും ഇതൊക്കെ ബുദ്ധൻ്റെ പണിയാണ് അത് സ്വീകരിച്ചുകൊണ്ടാണ് കാരണം അത് സ്മൃതികളിൽ സന്യാസത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇതൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ് ഒരു തരത്തിലു വേറെ തരത്തിലാണ് അവര് സ്മൃതികളിൽ നിന്നെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല സമ്പ്രദായങ്ങളിലും യജ്ഞോപീതവും ശിഖയും ഉപേക്ഷിക്കുന്നില്ല ചിലർ ശിക ഉപേക്ഷിക്കുന്നു യജ്ഞോപീതം ഉപേക്ഷിക്കുന്നു ചിലർ അതിനെ തന്നെ വേറെ തരത്തിൽ സംരക്ഷിക്കുന്നു എന്നു വെച്ചാൽ കോംപ്രമൈസ് ചെയ്യണം പൗരോഹിത്വമായിട്ട് ഭാഗികമായി സ്മൃതികളിലെല്ലാം അങ്ങനെയാണ് പറയുന്നത് സന്യാസം അത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ശങ്കരാചാര്യ പൂർണ്ണമായും ശങ്കരാചാര്യെന്ന് പറയുന്നില്ല ഭാഷ്യകാരൻ ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം എനിക്ക് എതിരാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാഷ്യകാരൻ പൂർണമായും ബുദ്ധനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണോ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം ഈ സ്മൃതികളിലൊക്കെ സന്യാസെക്കുറിച്ച് പറയുമ്പോഴെല്ലാം റിട്ടയേർഡ് സന്യാസത്തെക്കുറിച്ചാണ് കൂടുതലും പറയുന്നു എങ്ങനെ യോഗേനാന്തേ തനിത്യജാം അതാ കൂടുതലും പറയുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷുകാരൻ അങ്ങനെയല്ല ഈ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസിന് വേണ്ടി വളരെ ശക്തമായി ബാധിച്ചു അങ്ങനെയും ആകാം വേണം നിർബന്ധമില്ല അങ്ങനെയും ആകാം എന്ന് പറഞ്ഞു റണാനി ത്രപാകർത്തിയ മനോമോക്ഷയെ നിവേശിച്ചു മനുസ്മൃതിയിലും മറ്റും പറയുന്നതാണ് അപ്പൊ അതിനെ ഭക്ഷ്യകാരൻ നിഷേധിച്ചു അതൊന്നും ശരിയാവത്തില്ല അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ആശയം ബുദ്ധനിൽ നിന്ന് കിട്ടിയതാണ് ബുദ്ധന് സന്യാസത്തിന്റെ കാര്യത്തിൽ യാതൊരു ലോകവും അവിടെ ആര് തന്നെ സമീപിച്ചോ അവരെ എല്ലാം ഭിക്ഷുവാക്കി പിന്നെ അതിനുള്ള ആധ്യാത്മികമായ ബലം അതുകൊണ്ടായിരുന്നു ബുദ്ധൻ ശിഷ്യന്മാരിൽ വിനയത്തെ ആധാനം ചെയ്യിക്കുന്ന ഉള്ള കഴിവ് ബുദ്ധനുണ്ടായിരുന്നു അത് ഗുരുവിൻ്റെ ഒരു കഴിവാണ് ചിലടത്തൊക്കെ അതിനപവാദം കാണുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ബുദ്ധന് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് നിജശിഷ്യന്മാരെ നേരെ നടത്തിക്കുന്നതിന് അതൊരു പ്രധാന കാര്യമാണ് സന്യാസം കൊടുക്കുന്നവന് ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നവനെ നേരെ നടത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് പിന്നെ പിന്നെ എന്തായി ഫ്ലോപ്പായിപ്പോ പരിപാടികളല്ല അതിനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു മഹാനായ ബുദ്ധനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ എന്ത് ചെയ്തത് അങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറായത് അതിന് പിന്നെ ബുദ്ധന്റെ മുമ്പ് ഒന്നും ആരെയും നോക്കിയില്ല ജാതി നോക്കിയില്ല വർണ്ണം നോക്കിയില്ല ആണോ പെണ്ണോന്ന് നോക്കിയില്ല എല്ലാവർക്കും ആകാമെന്ന് പറഞ്ഞു അത് ഇത്രപ്പെട്ടങ്ങളിലും മറ്റും അതുപോലും സാധാരണ എന്താണ് വ്യാസോച്ഛിഷ്ടം ശരിക്കും നമ്മള് ചരിത്രപരമായി നോക്കിയാൽ കാണുന്നത് ബുദ്ധോത്തിഷ്ഠം ജഗത്സർവ് നോക്കുക ബുദ്ധോച്ചിഷ്ടമാണ് എവിടെയും കാണുന്നത് ത്രിപുടകങ്ങൾ ബുദ്ധന്റെ ഉപദേശങ്ങൾ സംഗ്രഹിച്ച മൂന്ന് രത്തിൽ ഗ്രന്ഥങ്ങൾ എല്ലാത്തിലും ഒരു ഉപദേശവും പറയും ഇതിനെ അനുകരിച്ചാണ് എന്തുണ്ടായത് ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ പ്രസ്ഥാനത്രയം ത്രിപുടകങ്ങളുടെ ഒരു അനുകരണമാണ് ത്രിഭുടകങ്ങളിലൂടെ ബുദ്ധന്റെ ഉപദേശങ്ങൾ പ്രചരിച്ചപ്പോ പ്രസ്ഥാനത്രയത്തിലൂടെ പിന്നീട് വന്നവരല്ല അവരവരുടെ ആശയത്തിൽ കാരണം ബദൽ ബദൽ നയ രൂപീകരണം എന്നൊക്കെ ഇന്ന് രാഷ്ട്രീയക്കാർ പറയുള്ളൂ ഇത് തന്നെ ഇതിനകത്തേക്കെല്ലാം ഉണ്ടൊരു പൊളിറ്റിക്സ് പഴയ അപ്പോൾ അവിടെ ഒരു ബദൽ നയരേഖ അവതരിപ്പിച്ചാണെന്ത്രിപ്പങ്ങൾക്ക് പകരം പ്രസ്ഥാനത്രയം പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതാൻ എഴുതിയാൽ സ്വസിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ എന്നെങ്കിൽ വിദ്വാൻമാർ അംഗീകരിക്കാതും അപ്പോൾ ഈ സന്യാസത്തെക്കുറിച്ചുകൂടെ ഈ പ്രകടനത്തിൽ പറയുന്നതുകൊണ്ട് അത് സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബുദ്ധിനം മറക്കാൻ പറ്റത്തില്ല ഇത് അതിൽ വന്ന വ്യത്യാസം ഇതാണ് ഭക്ഷുകാരൻ ഒരു തരത്തിൽ പൗരോഹിത്യത്തെ നിഷേധിച്ചെങ്കിലും ഭാഗികമായി അതിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെയാണ് രണ്ടുപേരും നമ്മൾ വ്യത്യാസം ബുദ്ധന യാതൊരു കോംപ്രമൈസിനും തയ്യാറായി യാഗവും വേണ്ട ഹിംസയും വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തു ഭാഷകാരൻ അങ്ങനെയല്ല ഭാഷ്യകാരന് ഇപ്പോൾ ഓരോ ഹിത്യത്തെ നിലനിർത്തണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നത് കൂടമല്ല പരസ്യം ഭാഷയത്തിൽ എവിടെ ഭാഷയത്തിൽ പരസ്യമായി തന്നെ എന്ന് പറയുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ബുദ്ധൻ തള്ളിക്കളഞ്ഞ സാമൂഹ്യ അനീതികളെയെല്ലാം പിന്തുണയ്ക്കാൻ ശ്രമിച്ചു അതാണ് രണ്ടും വ്യത്യാസം അപ്പോൾ അത് പൗരോഹിത്യവാദികൾക്കെല്ലാം അത് വളരെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്തു ചരിത്രത്തെ മാറ്റിയെഴുതി അവരെന്ത് പറഞ്ഞു ബുദ്ധനൊരു ഭീരവും കൊള്ളരദാത്ഥനുമാണെന്ന് പിന്നീട് വന്ന തലമുറയെ പഠിപ്പിച്ച് അത് പൗരോഹിത്യ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് അത് പിൽക്കാലത്ത് എങ്ങനെ അപ്പൊ ശുദ്ധാത്മാക്കളെല്ലാം അതെല്ലാം വിശ്വസിച്ചു അതാണല്ലോ ശരി ഇവിടെ എല്ലാ കുഴപ്പമുണ്ടാക്കിയ ബുദ്ധൻ പൌരോഹിത്യം സൃഷ്ടിച്ച സാമൂഹ്യ അനീതിയാണ് ഭാരതത്തിൻ്റെ മുഴുവൻ ദർശനത്തിൻ്റെയും കാരണമാണെന്നുള്ളത് ഇന്നും ഭാരതത്തിലെ അഞ്ച് ശതമാനം പോലും അംഗീകരിക്കത്തില്ല കാരണം മറിച്ചുള്ള വിശ്വാസം അത്രയും രൂഢമൂലമായി ആരാണോ അനീതിക്ക് വിധേയരായവർ വശന്മതരായവർ അവരെ തന്നെ അതിന്റെ അവരന്നെ പിന്നെ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി ആരാണോ പീഡനങ്ങൾ അനുഭവിച്ച് അവർ തന്നെ എന്ത് ചെയ്തു പീഡകന്മാരുടെ വക്താക്കളായി ഇന്നും അതാണ് കാണുന്നത് അതിനാണ് കുതന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് സാന്ദർഭികമായി വന്നാണ് സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിസുഖുള്ള കാര്യം മാത്രമായിരിക്കില്ല ഞാൻ പറയുന്നു അല്ലാത്ത കാര്യങ്ങളും പറയും ഇതാണ് അതിൻ്റെ ചരിത്രം അത് ബുദ്ധനിൽ നിന്നും തുടങ്ങിയതാണ് അപ്പോൾ ബുദ്ധൻ്റെ സന്യാസവും ഭാഷ്യകാരന്റെ സന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബുദ്ധൻ്റെ സന്യാസം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സന്യാസം ഭാഷ്യകാര സന്യാസം എന്ന് അവിടെ സാമൂഹ്യ അനീതിയിൽ അധിഷ്ഠിതമാണ് എന്തുകൊണ്ട് അവിടെ സന്യാസത്തിന് അധികാരി നിശ്ചയിച്ചു ഇന്നാർക്കെല്ലാം ആകാം ഇന്നാർക്കെല്ലാം പാടില്ല എന്ന് പറഞ്ഞു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം ജാതിയുടെ അടിസ്ഥാനത്തിൽ അതാണ് സാമൂഹ്യ അനീതിയുടെ അടി അധിഷ്ഠിത എന്നാലും നോക്കുക ഇന്നും ശൂദ്രന്മാർക്ക് വിശേഷിച്ചും ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക് ആ പരമ്പരയിലുള്ളവരാണെന്ന് അങ്ങനെ അഭിമാനിക്കും നിങ്ങളെല്ലാം ഇന്ന് ശൂദ്രന്മാർ മാത്രമല്ല ശൂദ്രികളും അവരവിടെ വിടുന്നത് ശരിയല്ല അവർക്കും വലിയ അഭിമാനമാണ് ഞങ്ങളൊക്കെ ആ പരമ്പരയുള്ളവരാണ് എന്നഭിമാനിക്കും കാര്യമൊന്നും അങ്ങനെ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ബൗദ്ധ പരമ്പരയിൽ അഭിമാനിക്കുന്നേ തെറ്റില്ല കാരണം അതാണ് അവിടെ സന്യാസത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ബുദ്ധൻ പറഞ്ഞു വെച്ച് എല്ലാ കാര്യങ്ങളും ബുദ്ധൻ്റെ ഉപദേശങ്ങൾ അവിടെ സമയ കർമ്മത്തെക്കുറിച്ച് സമയജ്ഞാനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു വെച്ചു പിന്നെ ഇതിനെല്ലാത്തിനും കാലം കൊണ്ട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് ആചാര്യന്മാർ ഉത്തരവാദിയാണ് അത് സംഭവിക്കും അതെല്ലാ എല്ലാത്തിനും അത് കാലം വരുത്തുന്ന ഒരു വിനയാണെന്ന് പറയാം അത് ബൗദ്ധ സമ്പ്രദായത്തിലും ഭാഷ്യക്കാരൻ്റെ സമ്പ്രദായത്തിലും വന്നിട്ടുണ്ട് അതിനൊന്നും അവരാരും പക്ഷേ ഇതിനുള്ള സമാനത എന്ന് പറയുന്നത് വളരെ വലുതാണ് അങ്ങനെയാണ് സന്യാസം പിന്നീടതിനെ ഏറ്റെടുത്ത് ഭാഷ്യകാരം പ്രചരിപ്പിച്ചു അവിടെ വേദത്തിൻ്റെ പ്രാമാണത്തെ അംഗീകരിച്ച് പൗരോഹിത്യത്തെ ഭാഗികമായി നിഷേധിക്കുകയും ഭാഗികമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഭാഷക്കാരൻ അത് അതിൽ വലിയൊരു ദോഷമാണ് അതാണ് ചരിത്രപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാഷികാരൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഇവിടെ ബൗദ്ധൻ്റെ ബുദ്ധൻ്റെ ആശയങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഈ സാമൂഹ്യ അനീതിയെ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചരിത്രമായി ഇവിടെ ചരിത്രപരമായിട്ട് എന്താ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് ഏതെല്ലാം വഴിയിൽ ഇങ്ങോട്ട് കയറാൻ പറ്റും ആ വഴിയിലൂടെയെല്ലാം അതേ കാലഘട്ടത്തിൽ ആക്രമിച്ചു കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം അതിനെക്കുറിച്ചുള്ള ബോധമില്ലായിരുന്നു വിദേശികൾ ആക്രമണകാരികൾ കൊള്ളക്കാരൊക്കെ ഇങ്ങോട്ട് ആക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവിടെ ഇത് ചെയ്യുന്നത് അതാണ് അവർക്ക് ഇങ്ങോട്ട് വഴിയൊരുക്കിയത് അവരുടെ ഇങ്ങോട്ടുള്ള യാത്ര അനായാസമാക്കി അതാണ് കാരണം ചരിത്രം നിങ്ങൾ നോക്കുക എപ്പോഴാണ് ഇവിടെ വൈദേശികമായി ആക്രമണം കൊള്ളക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയ എപ്പോഴാണ് ശക്തമായിട്ട് അത് ഈ കാലഘട്ടത്തിലാണ് അവരിങ്ങനെ അതിർത്തി കടന്നു വരുന്ന സമയത്ത് ഇവിടെ പരിപാടി വേറെയാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് നോക്കണം ഇതിൻ്റെ ഒന്നും കുറ്റം ബുദ്ധൻ തള്ളിക്കൊണ്ട് ചേർത്താതെ ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് അത് ഓർക്കണം അതിനിടയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു വൈദികധർമ്മത്തിനെ പുനരുദ്ധരിക്കാൻ ആരെല്ലാം ശ്രമിച്ചു ഇതെല്ലാം നോക്കണം അപ്പോൾ സന്യാസത്തെ കുറിച്ചാണ് ഈ പ്രകടനത്തിൽ അത് ഇതുകൂടെ അത് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഭാഷ്യകാരൻ്റെ സന്യാസത്തെക്കുറിച്ചാണ് ഈ പ്രകടനത്തിൽ ബാഹ്യകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാനത് പറയുന്നു രണ്ട് കാര്യങ്ങളെ പറയുന്നു ഒന്ന് ആന്തരികമായി തൃഷ്ണയെ ത്യജിക്കുക തൃഷ്ണയെന്നു പറയുമ്പോൾ എല്ലാ തരത്തിലും ഏഷണകളെ ത്യജിക്കുക അത് ചുരുക്കി പറഞ്ഞാണ് പുത്ര ഏഷണ വിത്തേഷണ ലോകേഷണ അത് ത്യജിച്ചാൽ സ്വാഭാവികമായും ബാഹ്യമായി കർമ്മങ്ങളും തിരിച്ചു അതിനുപകരിക്കുന്ന കർമ്മങ്ങളെല്ലാം തിരിച്ചു അപ്പം അതാണ് സന്യാസത്തിൻ്റെ പൂർണ്ണത ഈ രണ്ട് കാര്യങ്ങളാണ് ഭക്ഷുകാരന്റെ സന്യാസത്തിൻ്റെ അടിസ്ഥാനം അത് ഈ ഞങ്ങൾ ഈ ഭാഗത്തിൽ ഉപനിഷത്ത് ഭാഗമെടുത്ത് വ്യാഖ്യാനിച്ചു അങ്ങനെ ഒരു സന്യാസത്തിന് സന്യാസത്തെ ഭാഷകാരൻ ഉപദേശിക്കുന്നതിന് കാരണം ഭക്ഷുന്ന ആത്മാവ് നിർധർമ്മകമാണ് അതിനകത്ത് യാതൊരു ധർമ്മവും സ്വരൂപത്തിലതൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് ഏഷണകളും മറ്റും അന്ധകരണധർമ്മങ്ങളും അതിനോട് താതാന്മ്യപ്പെട്ട് അതിന് വസമ്മതനായി മനുഷ്യൻ പ്രവർത്തിക്കുന്നു അപ്പോൾ അത് അവിദ്യാകാര്യമാണ് അപ്പോൾ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കിയാൽ കാരണമായ അവദ്യം നശിക്കുന്നു അവധ്യം നശിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നശിക്കുന്നു കൃഷ്ണൻ നശിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകാര്യങ്ങളായ കർമ്മങ്ങളും ഇല്ലാതാവുന്നു പിന്നെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് അസാധിക്കത്തില്ല കാരണം കർമ്മം ചെയ്യുന്നതിന് കടുത്തടത്തോ ബുദ്ധി ആവശ്യമാണ് കടുത്തിർത്തോ അവിദ്യകാര്യവുമാണ് അപ്പോൾ കർത്തൃത്വ ബുദ്ധിയവിടെ നിഷേധിച്ചതിൻ്റെ കർമ്മം ഇതാണ് ഭാഷകാലം പറയുന്ന സന്യാസം ഇത്തരത്തിലുള്ള ഫലത്തിൽ കർമ്മനിഷേധത്തിലെത്തിച്ചേരുന്ന ഈ സന്യാസം ബുദ്ധൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ബുദ്ധൻ ഇങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിച്ചത് രണ്ട് വ്യാഖ്യാനം ഒരുപോലെയാണെന്ന് പറയുന്നത് ബുദ്ധനും എന്താണ് തലമുണ്ടനം ചെയ്ത് ഭിക്ഷാപാത്രം എടുക്കാനാണ് പറഞ്ഞത് അതുതന്നെയാണ് പറഞ്ഞത് ഭാഷകാരനും അത് തന്നെ പറയും പിന്നെ സന്യാസത്തിലും മാറ്റങ്ങൾ വന്നു ഓരോരുത്തരുമായി മാറ്റങ്ങൾ വരുത്തി കാലം കൊണ്ട് പലതും അപ്രായോഗികമായി അപ്പം ഇന്ന ആൾക്കാർ ചോദിക്കും ഇന്നത്തെ സന്യാസം എങ്ങനെയാണെന്ന് നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ ഇതൊക്കെ പറയാൻ പറ്റും അല്ലാതെ ഇന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇന്നെങ്ങനെയാണ് സൗകര്യങ്ങളും ചുറ്റുപാടുകളും എങ്ങനെയോ അതുപോലെ പക്ഷെ സന്യാസ ആദർശമെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അത് ഭാഷികാരൻ പറഞ്ഞ സന്യാസമാണെന്നാണ് പറയുന്നതെങ്കിൽ ശങ്കരാചാര്യ പരമ്പരയിലുള്ള സന്യാസമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ചർച്ച തുടങ്ങിയ സമയത്തെ പറയുന്ന നമ്മളീ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പറയാൻ ആർക്കും അവകാശമുണ്ട് അങ്ങനെയെന്ന് ആരും ചെലി പറഞ്ഞോളായിരുന്നു പിന്നെ ഈ സന്യാസം എന്താണ് ഇതെൻ്റെ സന്യാസം അല്ലെങ്കിൽ ഞങ്ങളുടെ സന്യാസം അതാണ് എന്നെ പറയാൻ പറ്റും അതിൽ പാരമ്പര്യത്തിലൂന്നിയ അവകാശവാദങ്ങളെന്നും ആർക്കും പറയുന്ന ആർക്കും അവകാശമുണ്ട് കഷിക്കാരൻ പറഞ്ഞു അതന്ന് പോയി അന്ന് പറഞ്ഞു അന്ന് തന്നെ പരമ്പര അത് മറക്കുകയും ചെയ്തു പിന്നെ ഇന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുന്ന തത്വമാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാന തത്വമായി ഭാഷകാരം സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോയേ അത് ഈ സന്ദർഭത്തിൽ ആ സന്യാസത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഇനി സന്യാസത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെല്ലാം അവിടെ ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് ആ അതിന് സമാധാനമായിട്ടാണ് ഭാഷ്യക്കാരൻ അവിടെ പ്രാരബ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പലവണ് ചർച്ച ചെയ്തതാണ് അപ്പൊ ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്ന് പറഞ്ഞാൽ അത് മുക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ധർമ്മകമാണെങ്കിൽ ആത്മാവ് മുക്തമാണ് ആ മുക്തിയാണ് ഭാഷകാരൻ സന്യാസം എന്ന് പറയുന്നത് ഫലത്തിൽ അതിനെയാണ് സന്യാസി എന്ന് പറഞ്ഞാൽ മുക്തനാണ് അപ്പം സന്യാസിക്ക് ഞാൻ സന്യാസിയാണ് ശരി സമ്മതിച്ചു നിങ്ങൾ മുക്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗുരു മുക്തനാണ് ഞാനല്ലാന്ന് പറയാനുള്ള അവകാശമില്ല എന്തുകൊണ്ട് സന്യാസമെന്ന് പറഞ്ഞാൽ ഭാഷകാരൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് മുക്തിയാണ് സന്യാസം തന്നെയാണ് മുക്തി അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം സന്യാസം എന്താണെന്ന് അറിയുകയും മുക്തി എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ അതൊരു വലിയ സന്യാസ ദുരന്തമായി അതുകൊണ്ട് ഇത് രണ്ടും ചേർന്ന് നിൽക്കുകയാണ് ഭാഷകാരൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റേതൊക്കെ പോട്ടെ സന്യാസം തന്നെയാണ് മുക്തി അപ്പോൾ അത് ആണ് പ്രധാനമായും അറിയേണ്ടത് ഈ സന്യാസും മുക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോൾ സന്യാസിയാണെങ്കിൽ അയാൾ മുക്തനുമാണ് അത് നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം രണ്ടുംടേയും വ്യാഖ്യാനം അവസാനം ഒന്ന് തന്നെ ഭക്ഷ്യ സന്യാസത്തെ വ്യാഖ്യാനിച്ചാലും മുക്തിയെ വ്യാഖ്യാനിച്ചാലും അവസാനം ഒന്ന് ൗവൻ സന്യാസിയാണെങ്കിൽ ഭാഷ്യം മതമനുസരിച്ച് അവൻ മുക്തനാണ് ഗുരു മാത്രമല്ല മുക്തനായിരിക്കുന്നത് അവനും മുക്തനാണ് അതറിയില്ലെങ്കിൽ അവന് സന്യാസി എന്ന് പറയാനുള്ള അവകാശം ഇല്ല അവനതറിയാതെ പറയുന്നു അതിൻ്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും മനസ്സിലാകും അല്ലെങ്കിൽ ഇനി വ്യാഖ്യാനിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല പഴയതുപോലെ എന്താണ് ആത്മാചരോ അമരോ അമൃതോ അഭയോ ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് ഭാഷ്യകാരം ഇത് രണ്ടും കൂടെ ചേർത്ത് സഹേഷി നെയ്ത്തി ആത്മ ഇത് രണ്ടും കൂടെ ചേർത്ത് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചെടുത്ത് നോക്കുക അവിടെ ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിർധർമ്മകമായ ആത്മാവിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അതിനെ സന്യാസമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പം സന്യാസമെന്ന് പറയുന്ന ഒന്നാണ് അത് എന്തെങ്കിലും ചെയ്യേണ്ടതൊന്നല്ല ഭക്ഷ്യകാരൻ്റെ മതമനുസരിച്ച് ഞാൻ ഒരിക്കലും നിലവിലിരിക്കുന്ന സന്യാസത്തെക്കുറിച്ചല്ല പറയുന്നത് അതിനെ വ്യാഖ്യാനിക്കുകയല്ല അതൊക്കെ ഞാൻ പറഞ്ഞ ലോകം നിങ്ങൾ വ്യാഖ്യാനിക്കണം എനിക്ക് എൻ്റെ മുമ്പിൽ ഭാഷ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഭാഷ്യക്കാരൻ്റെ വ്യാഖ്യാനം പിന്നെ അതിൻ്റെ അവലംബമായിട്ട് ഞാൻ ബുദ്ധൻ്റെ സന്യാസത്തെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ സന്യാസത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പം സന്യാസമെന്ന് പറയുന്നത് ഭാഷകാരൻ്റെ അഭിപ്രായം എന്താണ് അത് അറിയാനുള്ളതാണ് അറിയാനുള്ള ഒന്നാണ് സന്യാസം അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ് ജ്ഞാനം സന്യാസലക്ഷണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്നതാണ് ജ്ഞാനം ഉള്ളിടത്ത് സന്യാസം സന്യാസമുള്ളിടത്ത് ജ്ഞാനം ഇതാണ് ഭക്ഷ്യഖാന് അഭിപ്രായം